നാം അവർക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളിൽ ചിലത് നിനക്ക് കാണിച്ചു തന്നില്ലെങ്കിലോ അല്ലെങ്കിൽ നിന്നെ നാം മരിപ്പിച്ചുവെങ്കിലോ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നിന്റെ കടമ കണക്കുകൂട്ടൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്